ധ്യായം മുപ്പത്തി രണ്ട് എന്നാൽ രൂപന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു അവർ യസേർ ദേശവും ഗലയാത് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലമെന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലയാസാരിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു അതാരോത് ദീപോൻ യസേർ ഹെബോൻ എലേയാലെ സെബ നെബോ ബെയോ എന്നിങ്ങനെ യഹോവ ഇസ്രയേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം അടിയങ്ങൾക്കോ ആടുമാടുകൾ ഉണ്ട് അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരേണം ഞങ്ങളെ ോർദാനക്കരെ കൊണ്ടുപോകരുതേ എന്നു പറഞ്ഞു മോശ ഗാദ്യരോടും രൂപേന്യരോടും പറഞ്ഞത് നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ യഹോവ ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന് ഒറ്റുനോക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കാദേശ് ബെർണയിൽ നിന്ന് അയച്ചപ്പോൾ അവർ ഇങ്ങനെ തന്നെ ചെയ്തു അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് ദേശം കണ്ട ശേഷം യഹോവ ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് പോകാതിരിക്കത്ത കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത് കെന്നീസ്യനായ യഹൂന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിശ്രൈമിൽ നിന്ന് പോന്നവരിൽ ഇരുപത് വയസ്സുമുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല അവർ എന്നോട് പൂർണമായി പറ്റി നിൽക്കായികൊണ്ട് തന്നെ അങ്ങനെ യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറയെല്ലാം മുടിഞ്ഞു പോകുവോളം അവൻ നാൽപ്പത് സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി എന്നാൽ ഇസ്രയേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി േറ്റിരിക്കുന്നു നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും അങ്ങനെ നിങ്ങൾ ഈ ജനത്തെയെല്ലാം നശിപ്പിക്കും അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത് ഞങ്ങളിവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ എങ്കിലും ഇസ്രയേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ ഇസ്രയേൽ മക്കൾ ഓരോരുത്തൻ താന്താന്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല യോർദാനക്കരെയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടെ അവകാശം വാങ്ങുകയില്ല കിഴക്ക് യോർദാനിക്കരെ ഞങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ അതിന് മോശം അവരോട് പറഞ്ഞത് നിങ്ങൾ ഈ കാര്യം ചെയ്യുമെങ്കിൽ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട് യഹോവ തന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ നീക്കിക്കളയുവോളം നിങ്ങളെല്ലാവരും അവന്റെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി യോർദാനക്കരെ കടന്നു പോകുമെങ്കിൽ യഹോവയുടെ മുമ്പാകെ കീഴമർന്ന ശേഷം നിങ്ങൾ മടങ്ങിപ്പോരുകയും യഹോവയുടെയും ഇസ്രയേലിന്റെയും മുമ്പാകെ കുറ്റമില്ലാത്തവരായിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ദേശം യഹോവയുടെ മുമ്പാകെ നിങ്ങളുടെ അവകാശമാകും എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും നിങ്ങളുടെ ആടുകൾക്കായി തൊഴുത്തുകളും പണിത് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളി ഗാദ്യരും രൂപേന്യരും മോശയോട് യജമാനൻ കൽപ്പിക്കുന്നതുപോലെ അടിയങ്ങൾ ചെയ്തു ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളൊക്കെയും ഗലയാതിലെ പട്ടണങ്ങളിൽ ഇരിക്കട്ടെ അടിയങ്ങളോ യജമാനൻ കൽപ്പിക്കുന്നതുപോലെ എല്ലാവരും യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് കടന്നു പോകാം എന്നു പറഞ്ഞു ആകയാൽ മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസാരിനോടും നൂന്റെ മകനായ യോശുവയോടും ഇസ്രയേൽ മക്കളുടെ ഗോത്ര പ്രധാനികളോടും കൽപ്പിച്ചതെന്തെന്നാൽ ഗാദിരും ഓരോരുത്തൻ യുദ്ധസന്നദ്ധനായി യഹോവയുടെ മുമ്പാകെ നിങ്ങളോടുകൂടെ യോർദാനക്കരെ കടന്നു ദേശം നിങ്ങളുടെ മുമ്പാകെ കീഴടങ്ങുകയും ചെയ്താൽ നിങ്ങളവർക്ക് ഗിലയാതെ ദേശം അവകാശമായി കൊടുക്കണം എന്നാൽ അവർ നിങ്ങളോടുകൂടെ യുദ്ധസന്നദ്ധരായി അക്കരയ്ക്ക് കടക്കാതിരുന്നാൽ അവരുടെ അവകാശം നിങ്ങളുടെ ഇടയിൽ കനാൻ ദേശത്തു തന്നെ ആയിരിക്കണം ഗാദ്യരും രൂപന്യരും അതിന് യഹോവ അടിയങ്ങളോട് അരുളി ചെയ്തതുപോലെ ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി കനാൻ ദേശത്തേക്ക് കടന്നു പോകാം എന്നു പറഞ്ഞു അപ്പോൾ മോശ ഗാദ്യർക്കും രൂപന്യർക്കും യോസെഫിന്റെ മകനായ മനശയുടെ പാതിഗോത്രത്തിനും അമോര്യ രാജാവായ സിഹോന്റെ രാജ്യവും ബാഷാൻ രാജാവായ ഓഗിന്റെ രാജ്യവുമായ ദേശവും അതിന്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശത്തിലെ പട്ടണങ്ങളും കൊടുത്തു അങ്ങനെ ഗാദ്യർ ദീപോൻ അതാരോത് അത്രോത്ത് ഷോഫാൻ യസേർ യോഗ നിമ്രേത് ഹാര എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായും ആടുകൾക്ക് തൊഴുത്തുകളായും പണുകൊടുത്തു രൂപന്യർ ഹെഷ്ബോനും എലേയാലേയും കിരിയത്തയുമ പേരുമാറ്റിക്കളഞ്ഞ നെബോ ബാൽമയോ എന്നിവയും സിപ്മയും പണുകൊടുത്തു അവർ പണിതാ പട്ടണങ്ങൾക്ക് പുതിയ പേരിട്ടു മനശിയുടെ മകനായ മാഖീറിന്റെ പുത്രന്മാർ ഗിലയാതിൽ ചെന്ന് അതിനെ അടക്കി അവിടെ പാർത്തിരുന്ന അമൂര്യരെ ഓടിച്ചു മോശ ഗിലയാത് ദേശം മകനായ മാഖീറിന് കൊടുത്തു അവൻ അവിടെ മനശിയുടെ പുത്രനായ യായിർ ചെന്ന് അതിലെ ഊരുകളെ അടക്കി അവയ്ക്ക് ഹൌവോത് യിരിന്റെ ഊരുകൾ എന്ന പേരിട്ടു നോബഹ് ചെന്ന് കെനാത് പട്ടണവും അതിന്റെ ഗ്രാമങ്ങളും അടക്കി അതിന് തന്റെ പേരിൻ പ്രകാരം നോബഹ് എന്ന് പേരിട്ടു